അവർ ദാവൂദ് അലിഹിസ്ലാമെങ്കിലേക്ക് പ്രവേശിച്ചപ്പോൾ അദ്ദേഹം അവരെ കണ്ട് ഭയപ്പെട്ടു അവർ പറഞ്ഞു ഭയപ്പെടേണ്ട ഞങ്ങൾ രണ്ടു തർക്കിക്കുന്നവരാണ് ഞങ്ങളിൽ ഒരാൾ മറ്റൊരാളോട് അതിക്രമം കാണിച്ചു അതിനാൽ നീ ഞങ്ങളുടെ ഇടയിൽ സത്യസന്ധമായി വിധി പറയുക നീ അതിരുവിടരുത് നേരായ പാതയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുക